മരണസമയത്ത് ആത്മാക്കളെ അള്ളാഹുസുബാനുഹുവ ചാഴെ കൊള്ളുന്നു മരണമില്ലാത്തവയെ ഉറക്കത്തിൽ കൊള്ളുകയും ചെയ്യുന്നു അങ്ങനെ മരണവിധി തീർക്കപ്പെട്ടവയെ അവൻ തടഞ്ഞു മറ്റുള്ളവയെ നിശ്ചിത കാലാവധി വരെ വിട്ടയക്കുകയും ചെയ്യുന്നു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്